ം മൂന്ന് രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു കവർച്ച വിട്ടുപോകുന്നതുമില്ല ചമ്മട്ടിയുടെ ഒച്ച ചക്രങ്ങൾ കിരികിരിക്കുന്ന ശബ്ദം പായുന്ന കുതിരകൾ ഓടുന്ന രഥങ്ങൾ കുതിര കയറുന്ന കുതിരച്ചേവകർ ജ്വലിക്കുന്ന വാൾ മിന്നുന്ന കുന്തം അനേക നിഹതന്മാർ അനവധി ശവങ്ങൾ പിണങ്ങൾക്ക് കണക്കില്ല അവർ പിണങ്ങൾ തടഞ്ഞ് വീഴുന്നു പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൌന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത് ഞാൻ നിന്റെ നേരെ വരും ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൂക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവിയുടെ അരുളപ്പാട് ഞാൻ അമേദ്യം നിന്റെ മേലെറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാ വിഷയവുമാക്കും അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ടോടി ൂന്യമായി കിടക്കുന്നു ആർ അവളോട് സഹതാപം കാണിക്കും ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും നദികളുടെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളം ഉള്ളതും സമുദ്രം വാടയും സമുദ്രം മതിലുമായിരിക്കുന്നതുമായ നോ അമ്മോനേക്കാൾ നീ ഉത്തമയാകുന്നുവോ കൂശും മിശ്രയുമ അവളുടെ ബലമായിരുന്നു അത് സീമയില്ലാത്തതായിരുന്നു പൂത്യരും ലൂബ്യരും നിന്റെ സഹായകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവളുടെ പൈതങ്ങളെ അവർ സകല വീഥികളുടെയും തലയ്ക്കൽ വച്ച് തകർത്തു കളഞ്ഞു അവളുടെ മാന്യന്മാർക്ക് അവർ ചീട്ടിട്ടു അവളുടെ സകല മഹാന്മാരെയും ചങ്ങല കൊണ്ട് അങ്ങനെ നീയും ഹരി പിടിച്ച് ബോധം കെട്ട് വീഴും നീയും ശത്രു നിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടുകൂടിയ അതിവൃക്ഷങ്ങൾ പോലെയാകും കുലിക്കിയാൽ അവ തിന്നുന്നവന്റെ വായിൽ തന്നെ വീഴും നിന്റെ ജനം നിന്റെ നടുവിൽ പെണ്ണുങ്ങൾ ആകുന്നു നിന്റെ ദേശത്തിന്റെ വാതിലുകൾ നിന്റെ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നുകിടക്കുന്നു നിന്റെ ഓടാമ്പലുകൾ തീക്ക് ഇരയായി തുറന്നിരിക്കുന്നു നിരോധത്തിനുവേണ്ടി വെള്ളം കോരിക്കൊള്ളുക നിന്റെ കൊത്തളങ്ങളെ ഉറപ്പിക്കുക ചെളിയിൽ ചെന്ന് കളിമണ്ണ് ചവിട്ടുക ഇഷ്ടകയച്ച് പിടിക്കുക അവിടെ തീ നിന്നെ ദഹിപ്പിച്ചുകളയും വാൾ നിന്നെ ഛേലിച്ച് വിട്ടിലെന്നപോലെ നിന്നെ തിന്നുകളയും വിട്ടിലെന്നപോലെ നിന്നെ തന്നെ പെരുക്കുക വെട്ടുക്കിളിയെന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക നിന്റെ വർത്തകന്മാരെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചുവല്ലോ വിട്ടിൽ പടം കഴിച്ച് പറന്നുപോകുന്നു നിന്റെ പ്രഭുക്കന്മാർ വെട്ടുക്കിളികൾ പോലെയും നിന്റെ സേനാധിപതിമാർ ശീതമുള്ള ദിവസത്തിൽ മതിലുകളിന്മേൽ പറ്റുന്ന വിട്ടിൽ കൂട്ടം പോലെയും ആകുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ പറന്നുപോകുന്നു അവ ചെന്നിരിക്കുന്ന സ്ഥലം ില്ല അശൂർ രാജാവേ നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു നിലീനന്മാർ വിശ്രമിച്ച് കിടക്കുന്നു നിന്റെ ജനം പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നു അവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമില്ല നിന്റെ കേടിന് ഉപശാന്തി ഇല്ല നിന്റെ മുറിവ് വിഷമമാകുന്നു നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെക്കുറിച്ച് കൈകൊട്ടും ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞുവരാതിരുന്ന